ഇതുവരെ ചർച്ച ചെയ്തത് ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ചാണ് എന്താണ് ശ്രീ അനന്ദം അനന്തം യും പറഞ്ഞു ഇത് എല്ലാ എല്ലാ ദാശന്യന്മാരും പറയുന്നതിൽ നിന്ന് വേദാന്തികളെല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെ ആനന്ദമാവും ജ്ഞാനമാണ് ആനന്ദമാവും പറയുന്നത് ശേഖര സമസ്ത വസ്തു വിലക്ഷണ വസ്തു എന്ന് പറയുന്നത് സത്യജ്ഞാനം അനന്തം ആനന്ദം ഇതാണ് ഈശ്വരസിന് ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല വേദാന്തികൾക്ക് ആർക്കും അഭിപ്രായ അതിന് അടുത്ത ഗുണങ്ങളെ കുറിച്ച് പറയും അനന്ത് ഞാനും വളരെ സ്പഷ്ടമാണ് ആനന്ദം ആനന്ദ സ്വരൂപനാണ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയും എന്താണ് ഇതിലും എല്ലാവർക്കും യോജിപ്പ് തന്നെയാണ് ഈശ്വരന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ യോജിപ്പ് തന്നെയാണ് ഗുണങ്ങളുടെ വിശേഷതകളെ കുറിച്ച് പറയുമ്പോഴാണ് അവരുടെ വ്യത്യാസം സ്വാഭാവിക അനവധിക അതിശയ ജ്ഞാന ഐശ്വര്യ രീതി ശക്തി തേജപ്രഭൃതി അസംഖ്യ കല്യാണ ഗുണമഹോദി ഈ പറയുന്ന ജ്ഞാന ബലം ഐശ്വര്യം ശക്തി തേജസ് ആരഭങ്ങൾ ഇതാണ് മുഖ്യമായ ജ്ഞാനഐശ്വര്യ ശക്തി ബലവീര്യ തേജോ സദാസമ്പന്ന ആര് പറയുന്ന സങ്കരാചാര് ഗീതാഭാഷത്തിന്റെ തുടക്കത്ത് അത്രയും ഗുണങ്ങളെയും കൂടിയും പറയുന്നു അവിടെ വേറെ രീതിയിൽ പറഞ്ഞു തന്നെയുള്ളൂ ഞാനേശ്വരം ബലവിജിനെ ശക്തി തേറ്റോവിധി സദാസമ്പന്നുണാത്മിക സ്വ മായ മൂലപ്രകൃതി എന്നൊക്കെയാണ് പിന്നീട് മായ ഈശ്വരവിടെ ഈശ്വരൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവതാര മാസങ്ങളെന്നോട് പറയും ഈശ്വരൻ ഈ ഗുണങ്ങളോട് കൂടിയ ഈശ്വരൻ മായ ആശ്രയിച്ച് സ്വാം മായാം ആശ്രയിച്ചു അവതാരായ മാസം അപ്പോ അവിടെ വ്യത്യാസമില്ല അവിടെ നമ്മൾ പറയുന്നുണ്ട് വൈഷ്ണവിയും മായ മായ വൈഷ്ണവിയാണെന്ന് വിഷ്ണുവിന്റെ മായയും എവിടെയും പറയുന്നത് വിഷ്ണുവിൻ്റെ ഗുണങ്ങളെ കുറിച്ച് വിഷ്ണുവിൻ്റെ മായയെ കുറിച്ച് പറയും ആ ഒരു ഭാഗത്തുരൂപം വ്യത്യാസമൊന്നുമില്ല വരുന്ന വ്യത്യാസം ഈ ഗുണങ്ങളെല്ലാം ജ്ഞാനൈശ്വര്യ ശക്തി തുടങ്ങിയ ഈ സത്യമാണ് ഇവിടെ ഒരു കാര്യത്തിന്റെ വ്യത്യാസം വിഷുകാലം പറയുന്നത് സ്വരൂപത്തിൽ വരുന്ന ഗുണങ്ങളെല്ലാം കല്പിതമാണ് സത്യമേ ഇങ്ങനെയൊരു വ്യത്യാസം സ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നതും സ്വരൂപത്തിന് ഭിന്നവും ഈശ്വരൻ ഗുണവിശിഷ്ടനുമാണ് ആദ്യം സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു ഈശ്വരൻ ഗുണവിശിഷ്ടനാണ് സങ്കരചാര്യം പറയും ഈശ്വരൻ ഗുണം തന്നെ പക്ഷെ ആ ഗുണവിശിഷ്ടനായ ഈശ്വരൻ സത്യം ഗുണരഹിതനായ ഈശ്വരനാണ് സത്യം ഇതാണ് രണ്ടുപേരും പറയുന്നത് വ്യത്യാസം കാരണം ഈ ഗുണങ്ങളുണ്ടായത് സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കും അതുകൊണ്ട് എന്തായാലും ഗുണത്തെ സ്വീകരിക്കേണ്ടി പക്ഷെ ഗുണവും സത്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ ദ്വൈതം ദൈവം പറയുന്നത് ഗുണം സത്യം എന്ന് പറഞ്ഞാലും അദ്വൈതത്തിന് വിവരോധിക്കും ഗുണവിശിഷ്ടമായ ഈശ്വരൻ അദ്വൈതമാണ് ഗുണവിശിഷ്ടനിൽ ദ്വൈതമില്ല അത് അദ്വൈതം തന്നെയാണ് അതാണ് സ്വരൂപത്തിൽ നിന്നും ഭിന്നങ്ങളായ ഗുണങ്ങളെ ഇവിടെ സ്വീകരിക്കും സത്യവുമാണ് ആ സത്യമാണ് അത് കുഴപ്പമൊന്നുമില്ല കാരണം നാരായണൻ എന്താണോ ഈ പറയുന്ന ചിതത്തിൽ വിശിഷ്ടനാണ് ഗുണങ്ങൾ മാത്രമല്ല പ്രപഞ്ചം പോലും നാരായണന്റെ ശരീരമാണ് അത് മിഥ്യയല്ല പക്ഷെ സൃഷ്ടിപ്രളയങ്ങൾക്കെല്ലാം വിധേയമാകുന്നതാണ് അതുകൊണ്ടിരിക്കും പക്ഷേ മിഥ്യ മിഥ്യ എന്ന് പറയുന്നതിന് ശർണ്ണുജാചര്യത് ഏഴായിരത്ത പോലും അടുപ്പിക്കും അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ലെന്നുള്ള പ്രണമിക്കുന്നു അനിത്യമാവും ഇത് എങ്ങനെ പറയുകയും ഇതല്ല പറയുന്നതെല്ലാം പഞ്ചരാത്രം ആഗമം പഞ്ചരാത്ര ആഗമം പിന്നെ വരുന്ന പുരാണങ്ങൾ വേദങ്ങൾ ഇതിൻ്റെയെല്ലാം മഹാഭാരതം രാമായണം പ്രധാനമായിട്ട് ഇതിലെല്ലാം പറയുന്ന തത്വങ്ങളെ ആശ്രയിച്ച് അതിലെല്ലാം പറയുന്ന വർണ്ണനകളെ ആശ്രയിച്ചിട്ടാണ് തൻ്റെ സിദ്ധാന്തത്തെ സമർപ്പിക്കുന്നത് അല്ലാസ്വയം കപ്പകോല കല്പിതമാണ് ഈ പറയുന്ന ആശയങ്ങളെല്ലാം ഇവിടെ എല്ലാം ഉണ്ട് വനിഷത്തുകളിലും വേദത്തിലും പഞ്ചരാത്രത്തിലും എല്ലാം ഉണ്ട് അങ്ങനെ പറയേ പ്രമാണത്തിന് അടിസ്ഥാനമാക്കി കുറെ വിശേഷമായിട്ടും ആഗമം പ്രമാണം പഞ്ചരാത്രം ആഗമം അത് പ്രമാണമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള പിന്നെ തനിക്ക് മുമ്പുണ്ടായിരുന്ന രാമ്യാചാര്യെ പോലുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം അതും കണക്കിലെടുത്തിട്ടുണ്ട് ഇവിടെ ഇദ്ദേഹം സമ്പ്രദായ വിത്താണ് സമ്പ്രദായം എന്ന് പറയും താൻ സമ്പ്രദായ വിത്താണ് അപ്പൊ തന്റെ സമ്പ്രദായം അനുസരിച്ച് ഉപനിഷത്വം തുടർന്നു വരുന്ന കാര്യങ്ങളാണ് സംഭവം അവിടെ ആഗമങ്ങളെ ഒന്ന് സ്വീകരിക്കുന്നു ഇവിടെ അങ്ങനെയല്ല തൻ്റെ സമ്പ്രദായത്തിലെ ആഗമങ്ങളെ സ്വീകരിക്കും പുരാണങ്ങളെയും സ്വീകരിക്കുന്നുണ്ട് ഇതിഹാസങ്ങളെ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ താനും സമ്പ്രദായകത്താണ് ആചാര്യന്മാരെ സ്വീകരിച്ച് അവന ദേവൻ പറയുന്നു വ്യാസൻ സുഖൻ രാമനാചാര്യൻ വരെയുള്ള ആചാര്യന്മാരെല്ലാം സ്വീകരിക്കും രണ്ടുപേരും സമ്പ്രദായ ഇപ്പൊ ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ ഉള്ളതാണോ പറയുന്നത് അതിൽ പറയുന്ന പ്രധാന ഗുണങ്ങൾ ജ്ഞാനം ബലം ഐശ്വര്യം വീര്യം ശക്തി തേജസ് അദ്വൈനികൾക്ക് കേൾക്കുമ്പോ ഈ ഇതെന്താ ഈശ്വരൻ നിർഗുണ പരബ്രഹ്മ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ അംഗീകരിച്ചതായിരുന്നു ഈ ഗുണങ്ങൾ ശങ്കരാചാര്യപ്പോ എവിടുന്ന് കിട്ടിയത് പഞ്ചരാത്രത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മസൂത്രത്തിൽ പഞ്ചരാത്രത്തെ പരാമർശിക്കുന്നുണ്ട് പിന്നെ വ്യാഖ്യാനത്തിലാണ് വ്യത്യാസം അതിന് നിർഗുണനായ പരബ്രഹ്മത്തിൽ അതല്ല ചില ഉദ്ധരിക്കണി എത്രയോ പ്രാചീനമായി വൈഷ്ണവാദം ഇത്ര പ്രസിദ്ധമാണ് പഞ്ചരാത്രം പഞ്ചരാത്രത്തിൽ തന്നെ ഒരുപാട് പിരിവുകളാണ് പഞ്ചരാത്രം ഇന്ന് കിട്ടുന്ന ഗ്രന്ഥമാണ് മുഴുവൻ മത അത് എന്താണ് ഒരു ഗ്രന്ഥ സംശയമാണ് അതും പല പല കാലങ്ങളിലായി പല പല ആൾക്കാർ എഴുതി എഴുതി എഴുതി എഴുതി വലുതാക്കിയെടുത്ത മഹാഭാരതം പോലെ വലുതാക്കി എടുത്ത ഒന്ന് പഞ്ചരാ സബ്ജക്ട് എന്ന് പറയുന്നത് വൈഷ്ണവ മതം വിഷ്ണു ലക്ഷ്മി അതുമാത്രമല്ല ഇവിടെ പറയുന്ന ഈ വ്യൂഹങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഇതിൻ്റെ പൂജാവിധികൾ ഹോമം നടത്തേണ്ട എങ്ങനെയാണ് അവരെ ആരാധിക്കേണ്ട എങ്ങനെയാണ് പിന്നെ അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞു വ്യൂഹങ്ങളെ കുറിച്ച് പറഞ്ഞു അവരെ കുറിച്ചുള്ള വളരെ വിശദ വിശദമായിട്ടുള്ളത് പിന്നെ വിഷ്ണുവിനെ കുറിച്ചുള്ള വർണ്ണനങ്ങൾ അതുപോലെ ലക്ഷ്മിയെക്കുറിച്ചുള്ള വർണ്ണനങ്ങൾ മൊത്തം ഞാൻ നോക്കിയിട്ടില്ല കാരണം മൊത്തം നോക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു ജന്മം കൂടെ ജനിക്കുകയും കുറെ നോക്കിയ ഭാഗം വച്ചിട്ടാണ് പറയുന്നത് പിന്നെ ഒരു പ്രത്യേക ആവർത്തനം ഒരുപാട് പേരും ഏകദേശം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകും പുസ്തകം കിട്ടുന്നതാണ് ഏത് ശ്മീരി സർവീസും എന്ന് പറയുന്നത് കാശ്മീരിലെല്ലാം പ്രസിദ്ധമായിരുന്നു പേരുണ്ട് കാശ്മീരി സർവീസും തന്നെയാണ് അതേ സിനിമ എന്ന് പറയുന്ന ഒരു രാജാവ് ബംഗാളിൽ നിന്ന് ഒരു പണ്ഡിതനെ വിളിച്ചു വരുത്തി പഴയ ഗ്രന്ഥങ്ങളെല്ലാം സമാഹരിച്ചു സമാഹരിച്ചപ്പോ അദ്ദേഹം കൊടുത്ത പേരാണ് കാശ്മീരിശൈസ് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കാശ്മീരി ജീവിച്ചതോ അത് പ്രസിദ്ധമായത് ഒറീസയിലും മധ്യപ്രദേശിലും ഒക്കെയോ അതുപോലെ വൈഷ്ണവ വളരെ പ്രസിദ്ധമായത് ബംഗാളിലാണ് ബംഗാളിലാണ് അതിന് കൂടുതൽ പ്രാധാന്യം തമിഴ്നാട്ടിലും തന്നത് എന്തിനാ രാമാനുജാചാര്യ തിന്റെ ഒരു വ്യാഖ്യാനത്തെ അന്വേഷിച്ച് കാശ്മീര് വരെ പോയിരുന്ന കഥ ഈ പറയുന്നത് കഥയാണ് കാശ്മീർ ഒരു ഇതിന്റെ എല്ലാം കേന്ദ്രമായിരുന്നു മുസ്ലിങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് മുസ്ലിങ്ങളുടെ ആക്രമണത്തോടു കൂടി അവിടെയുണ്ടായിരുന്ന പണ്ഡിതന്മാരെ എല്ലാം അവര് മാറ്റി അപ്പൊ ഈ പറയുന്ന ും വൈഷ്ണവും എല്ലാം പോയിക്കൂടെ എല്ലാ ലാഭം വിവരം നായി അതൊക്കെ വിളിക്കും ഇത്രയോടും മനുഷ്യന്റെ കാര്യം ആരെങ്കിലും കത്തി വച്ചിട്ട് മാറ്റി പിടിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു കാലത്ത് ഇതിന്റെ കയറി വരുന്നത് അതുകൊണ്ടല്ലേ സംഗ്രഹയവിടെ പോയി എന്താണ് സർവജ്ഞ വീടം കയറി എന്നൊക്കെ കഥയിൽ പറയുന്നു അത്രയും ഒരു സ്ഥലമായിട്ട് വിടെ അവിടെയുള്ള ആചാര്യം ഒരു കാലത്ത് ആ വിദ്യാ കേന്ദ്രമായതുകൊണ്ട് അത് പറയുന്നതേ ഉള്ളു കാശിഗോഡ് ഒരുപക്ഷെ അവിടെ ആക്രമണമൊക്കെ ആൾക്കാർ ഓടിപ്പോയതായിരിക്കും മധ്യപ്രദേശിലും ഒറീസയും അത് ഇതിനെ കുറിച്ചുള്ള ഗവേഷകന്മാർ പറയുന്നതാണ് ചിലപ്പോൾ അതിൽ പല അഭിപ്രായങ്ങൾ ഞാൻ വായിച്ച് കേട്ടത് അനവധിക അതിശയ ജ്ഞാന ബലാശ്വര്യം അവിടെ പറയുന്ന ജ്ഞാനബലാശ്വര്യം എന്ന് പറയുന്നു സമസ്ത ഗുണ ഗുരന്ത പ്രധാനതയായ ഷാഡ്ഗുണ്യ സ്വരൂപ നിരവധി ഗുണങ്ങളുണ്ട് പക്ഷെ ഷഡ്ഗുണ്യം ഈ പറയുന്ന ഇത്രയും ഗുണങ്ങൾ ഷഡ്ഗുണങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ബാക്കി ഗുണങ്ങളുണ്ട് സ്വകുക്ഷോ ജഗതിക എങ്ങനെയാണോ തന്നെ ഈ പ്രപഞ്ചത്തെ അന്തർഭവിപ്പിച്ചിരിക്കുന്നത് അതുപോലെ അനന്തഗുണ എല്ലാ ഗുണങ്ങളെയും തന്നെ അന്തർ നിർവേശിതാ സ്വുക്ഷോ ജഗതിവുഹ അന്തർനിവേശി എല്ലാ ഗുണങ്ങളെയും തന്നെ അന്തർഭൂ പുരാണത്തിൽ പറയുന്നു അതുകൊണ്ട് ആറ് ഗുണങ്ങളെ ഒഴുന്നല്ല എന്നാൽ ഈ ആറ് ഗുണങ്ങൾ പ്രത്യേകത പറയുകയും സംഹൃതി സൃഷ്ടി സ്ഥിതി ഏദഭൂത വ്യാഖ്യാനത്തിലാണ് സംഘർഷണാധ്യൂഹത്രയേ ജ്ഞാനബലാതിരമം താരി വിശേഷ ഉന്മുഖത്വ ആവിർഭാവശേഷ ഗുണങ്ങൾ സംഘർഷങ്ങളും ആദ്യത്തെ രണ്ട് ഗുണങ്ങൾ പ്രകടമായിരിക്കുന്നത് ബലം പ്രദ്യുബനിൽ അടുത്തു വരുന്നിരുന്ന ഗുണങ്ങൾ ഐശ്വര്യം ലീഗൻ അനിരുദ്ധനും അടുത്തു വരുന്ന രണ്ട് ഗുണങ്ങൾ ശക്തി തേജസ് ഇത് പ്രകടമായിരുന്നുകൊണ്ടാണ് ഇവര് സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അതാണ് ഈ ഗുണങ്ങളുടെ പ്രത്യേകത എല്ലാ ഗുണങ്ങളും വാസുദേവനും നാരായണൻ എല്ലാ ഗുണങ്ങളും ഈ രണ്ട് ഗുണങ്ങൾ തന്റെ പ്രകടമായിരിക്കുന്നു അതുകൊണ്ട് അവർ അവരവരുടെ ജോലികൾ ചെയ്യുന്നു എന്നാണ് അവരുടെ സിദ്ധം അത് തന്നെ വിശദീകരിക്കുന്നു സർവർ സർവത്കരോഹി ശ്രീമന്ത് നാരായണന്റെ കാര്യം പറഞ്ഞാലോ നാരായണൻ ഈ ജ്ഞാനഗുണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം തന്നെയും ചെയ്യുന്നു സർവം സർവത്തെയും സർവദ സർവദ സർവ രണ്ടും തമ്മിൽ വ്യത്യാസം വ്യാകരണം പഠിച്ചവർക്കറിയാം ുംകാരത്തിലും സർവകാലത്ത് സർവകത്തിലും സാക്ഷാത്കരതി സാക്ഷാത്കരിക്കുന്നു ഇതാണ് ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും എല്ലാ രീതിയിലും എല്ലാ തീസും ഇത് ശങ്കരാചാര്യർക്ക് അംഗീകരിച്ച് മതിയാവും ശങ്കരാചാര്യ ആരായി തീരും ചാർവാകനാണ് നിരീശ്വരവാദിയായിട്ട് ഈശ്വരവാദികൾക്കെല്ലാം സ്വീകരിച്ച മതിയാവും അല്ല രാമാനുചാര്യത്തിലെ മാത്രം പക്ഷെ എന്ന് പറയുന്ന എല്ലാം നീ പറയുന്നത് അതാണ് ഞാൻ അടുത്ത ബലമെന്ന് പറയുന്നത് എന്താണ് തഥാ സാക്ഷാത് സർവാരും നമുക്ക് ധരിക്കണമെങ്കിൽ ബലം വേണം ബലമില്ലാത്തവൻ അവസാനായിപ്പോ അവന് ഒന്നിനെയും ധരിക്കാൻ ശേഷിയില്ല അല്ല ഒന്നിനെയും ധരിക്കാനോ ശേഷിയില്ലാത്തത് വഹിക്കുക ധരിക്കുക ബലം കൊണ്ടേ സാ അല്ല ബുദ്ധിപരമൊന്നുമല്ല നല്ല ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്തെയും ഒരു കിടപ്പാണ് ബലമില്ല പേന പിടിക്കാൻ പറ്റില്ല അത് തന്നെ ബലം ബൗദ്ധികമായ ബലമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ബലം അതും അംഗീകരിച്ച പറ്റും തഥാ സാക്ഷാത്കൃതമില്ല സർവാരീ ആണ് ബലം നൈശ്വര്യം എന്ന് പറഞ്ഞാലും ധാരെ അംഗീകരിച്ചത് എല്ലാത്തിനും കണ്ട്രോൾ ചെയ്യുക നിയന്ത്രണത്തെ നിർത്തുക എന്ന് പറയും പ്രത്യേകിച്ചും മറ്റ് ഭൂതങ്ങളെ അതിൽ ജലിക്കണം ജലം കുതിർക്കണം പൃഥിവി ധരിക്കണം അപ്പൊ ഇതിൻ്റെയൊക്കെ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിട്ടിരിക്കുക ഭിഷാസ്മായും ഒരുപാടുള്ളത് അതനുസരിച്ചാണ് ഇവരെല്ലാം വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും നിയമനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതാണ് ഐശ്വര്യം എന്ന് പിന്നെ എന്താ പറയുക വീര്യം ധാരയിൽ യശ്ശൻ അശിഥിതോ ഭവതി അപ്പോൾ എല്ലാത്തിനെയും ധാരണ ചെയ്യുന്നു എല്ലാത്തിനെയും നിയമനം ചെയ്യുമ്പോഴൊരു വ്യവസ്ഥയുണ്ടോ അശിഥിലായിരിക്കും എല്ലാം എന്താണ് അവ്യവസ്ഥമായി പോകാതിരിക്കും എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടല്ലോ സാമാന്യമായ ഒരു വ്യവസ്ഥ നമുക്കറിയാമല്ലോ പ്രപഞ്ചത്തിൽ അതിനെ കുറിച്ച് പറയുക ഈ സൂര്യനും ചന്ദ്രനും തരക ഒരു നിശ്ചിതമായ രീതിയിൽ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുമുതൽ മഹത്വരെയല്ല അതാണ് ശൈഥില്യമില്ലാത്തൊരു വ്യവസ്ഥയാണ് അശിഥിലമായ ഒരു വ്യവസ്ഥയാണ് അതാണ് അടുത്തത് അപ്പൊ ഞാന് ഐശ്വര്യം ഈ ഘടകവെച്ച ഘടക പരസ്പരം യോജിപ്പിക്കുക അതാണ് ഘടന ഘടയതി യോജിപ്പിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്ത് പല ഡിപ്പാർട്ട്മെന്റുകളെ യോജിപ്പിച്ച് പ്രവർത്തിക്കും എന്നാല് ഭരണം ശരിയാകട്ടോ അല്ലേ നമ്മുടെ ഭരണതലത്തിലങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം ഒന്ന് ഓരോന്ന് സ്വതന്ത്രമാണ് പക്ഷെ റവന്യൂന്ന് പറയുന്നത് സ്വതന്ത്രമാണ് പോലീസ് സ്വതന്ത്രമാണ് പക്ഷെ രണ്ടുപേരും കൂടെ യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം ജുഡീഷ്യറി സ്വതന്ത്രമാണ് എല്ലാം സ്വതന്ത്രമാണ് പക്ഷെ എന്തു ചെയ്യുന്നു അതിനെയെല്ലാം കോർഡിനേഷൻ അങ്ങനെല്ലാം യോജിപ്പിച്ച് പ്രപഞ്ചത്തെ നടത്തിക്കുന്നു അപ്പൊ പ്രിങ്ങനെ ചില എന്താണ് ചില പൊരുത്തങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് മായേലും ഈ നിയമങ്ങളൊക്കെ സ്വീകരിച്ചു കാരണം പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു വ്യവസ്ഥയുള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നത് Like Nowadays, divorce, ankles, fears, of the ീ പ്രപഞ്ചൊരു വ്യവസ്ഥാപകനുണ്ട് ഈശ്വരവാദികൾ സംബന്ധിക്കുന്നു അതാണ് അത് കാലത്ത് എപ്പോഴും അത് അംഗീകരിക്കുന്ന ഒരു ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥയുണ്ട് അപ്പൊ പിന്നീട് എന്ത് വേണം ഒരു വ്യവസ്ഥാപികൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈശ്വരനെത്തിച്ച് അല്ലെങ്കിൽ പിന്നെ ഈ വ്യവസ്ഥകൾ എങ്ങനെയുണ്ടായി അതിന് വേറെ സമ്മാനം കിട്ടാത്തടത്തോളം കാലം ഈശ്വരനെയുള്ള ഇതിനാണ് ഇന്നത്തെ ആൾക്കാർ പറയുന്നത് ഗ്രാൻഡ് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് ഗ്രാൻഡ് ആ കാര്യങ്ങൾ ഇന്ന് ഈശ്വരവാദികൾ പറയുക അത് പ്രത്യേകിച്ചും പറയുന്നത് ഇന്നത്തെ ക്രിസ്ത്യൻ മുസ്ലിം മതപ്രചാരകരാണ് അവരിപ്പോ വളരെ മുറുകെ പിടിക്കുന്ന ദൈവാസ്തിത്വം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുറുകെ പിടിക്കുന്നതാണ് ഈ ഗ്രാൻഡ് ഡിസൈൻ അപ്പോ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് കണ്ടുകൊണ്ടിട്ടില്ല എന്താണ് ഒരു ഡിസൈനാൽ ഉണ്ടാകണം എന്നാണ് അവർ പറയും പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിരീശ്വരവാദികൾ യുക്തിവാദികൾ അഗ്നോസ്റ്റിക്കുകൾ അഗ്നോസ്റ്റിക് സംശയവോഡിൽ വിവരങ്ങള് ഇതിനെ ചോദ്യം ചെയ്യുന്ന വലിയൊരു വിഭാഗം തന്നെയുണ്ട് അവർ അവരാണ് ഈ പറഞ്ഞത് അവരിതിനൊക്കെ അതുപോലെ തന്നെ നിഷേധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പുറത്തിറങ്ങി പറയുന്നത് കുറച്ചുകൂടെ വിവരം വേണം ഇത്രയും പോരാ പിന്നെ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുണ്ടോ കാരണം നിങ്ങൾ വക്താക്കള് ശ്രോതാക്കളും ഒരേ ആൾക്കാരെ ഇല്ല ഇന്ന് കേട്ടോണ്ടിരിക്കുന്നു നാളെ പറയും നാളെ പറയുമ്പോൾ അടുത്ത ദിവസം കേട്ടോണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണോ പറയാം വക്താ ശ്രോതാജ സമാന അതുകൊണ്ടുള്ള പ്രശ്ന അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് പറയുന്ന കേൾക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്നു കൈയടിക്കുന്നു അവൻ പറയുമ്പോൾ തിരിച്ചും കൈ അടിക്കുന്നു അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ലോകം അങ്ങനെയല്ല പോകുന്നത് അത് മനസ്സിലാക്കും ലോകത്തിന്റെ രീതിക്കം മാറി എന്നൊന്നും അറിയുന്നില്ല മകന് ഒരുപാട് മുഖം കൂടിയതോന്നും അറിയുന്നില്ല അഘടിതം ഘടക പക്ഷെ ഇതിന് കിട്ടും ഒരുപാട് സാധനം മതപ്രഭാഷത്ര ഇന്നുകൂടെ അല്ലയോ അതാണ് ആസാനം പറയുന്നത് തത്ര ച സഹകാരിനിരപേക്ഷോ കെനച്ച അഭിഭൂയത ഇത് ച ഗുണക്രമപാഠവിപക്ഷ ശരിക്കും എന്താണ് ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇല്ലെങ്കിലും ഇതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാവും ആരെ പോലെ ദേശികേന്ദ്രനെപ്പോലെയോ അത് ഇങ്ങനെ ചിന്തിക്കാം തർക്കേഷു കർക്കശിയോ വയമേവനാന്യേ ഞാൻ കഴിഞ്ഞ ദിവസം അന്യോന്നാണ് കാരണം പഴയ കാലത്തിനെങ്കിലും അത് പല പല പാഠങ്ങളുണ്ട് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഞാൻ അന്യെന്നാണ് പ്രഥമ ബഹുമാനത്തിൽ അതാണ് കുറച്ചുകൂടെ യോജിച്ച് പക്ഷെ ഇരുന്നൂരും പിന്നെ പറയുന്ന വ്യാകമൊക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല നമ്മളത് കേൾക്കുമ്പോ അതാണ് ശരിയെന്നു എന്റെ കുട്ടികൾ എല്ലായിടത്തും അന്യ എന്നാണ് കുറച്ചുകൂടെ ഭംഗി അതിനാണ് അന്യൂ എന്നെല്ലായിടത്തും പറയാനും പറ്റില്ല അന്യെന്ന് പറഞ്ഞിട്ട് സന്ധ്യ വേണം എൻ്റെ അസ്വസ്ഥ അന്യെന്നാണെങ്കിൽ എല്ലായിടത്തും പവേഷു കോമളധിയോ വയമേവാന് കേട്ടപ്പോ ആദ്യം പറഞ്ഞ അബദ്ധമാണെന്ന് പക്ഷെ നമ്മളിത് അന്വേഷിച്ചുകൊണ്ടുപിടിക്കുന്ന അഘടയരി തത്ര സഹകാരി നിരപേക്ഷവും കേന വിഭൂയതയെ ഒന്ന് ഈശ്വരന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതിന് സഹായത്തിന് ആരും വേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യും നമുക്കങ്ങനെയല്ല മനുഷ്യർക്ക് എങ്ങനെയല്ല നമ്മളും ഇപ്പോ എന്താണ് പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭരിക്കുന്നു പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിൽ മന്ത്രിസഭ വേണം എന്തെല്ലാം വേണം ഉപദേശകന്മാർ വേണം സൈന്യം വേണം പോലീസ് വേണം ജുഡീഷ്യറി വേണം ഒരുപാട് സംവിധാനങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനെ ആശ്രയിക്കും സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതല്ല ഈ സംവിധാനങ്ങളെ ആശ്രയിച്ച് ചെയ്യാൻ പറ്റും ആശ്രയിച്ച് കഴിക്കാൻ ഇവിടെ അബദ്ധങ്ങൾ വരും അപ്പോ അവിടെ ശരിയായ ഉപദേശകന്മാർ വേണം ഉപദേശിക്കണം എല്ലാം കേട്ടു വേണം ചെയ്യുക അബദ്ധത്തിൽ ചെന്നെയാണ് ഉപദേശകന്മാർ അബദ്ധം പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ചെന്ന് അബദ്ധത്തിൽ ചാടും അല്ല ഒരു വ്യക്തിയുടെ കഴി കൊണ്ടിട്ട് രാജ്യം ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പോലും പറ്റത്തില്ല മനുഷ്യനെ സംബന്ധിച്ച് നിരവധി പേരുടെ സഹായങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യം എക്സിക്യൂഷൻ ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യം നടപടികൾ നടത്തിയെടുക്കണ്ടേ ഈശ്വരൻ എന്താണോ എല്ലാം കേനജിത് സഹകാര്യനിരപേക്ഷ ഒന്നിന്റെ ആവശ്യം കേനജിത് അഭിഭൂയതയെ ആരെങ്കിലും ഉപദേശിക്കാൻ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ആരോരഭിപ്രായം ചോദിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് നന്നായിരിക്കുമോ ഒന്നുമില്ല തന്റെ വൈഭവത്തെ കീഴ്പ്പെടുത്താൻ ആരും ഇല്ല ഈശ്വരനായ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ തോന്നുന്നു ഈശ്വരൻ അപ്പോ എന്താണ് ഇത്തരം ആചാര്യന്മാരെ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചിന് അവരുടെ ചിന്തയുടെ പാര എത്തിച്ചേരുന്ന ആ സാർവഭമത്വം അതിനെയാണ് അവര് വിശദീകരിക്കുന്നത് അതാണ് ദേശലിംഗെന്ന് പറഞ്ഞ എന്താണ് കാവ്യേഷു കോമളധിയോ സ്വയമേവനാൻ കേവലം തർക്കം കൊണ്ട് മാത്രം കാര്യമില്ല മറ്റൊരു സ്ഥലം കൂടെ വേണം അപാരേ കാവ്യ സംസാരേ കേട്ടിട്ടുണ്ടാകും ബാക്കി തിരിച്ചെടുക്കാറൊന്നുകൂടെ ഇല്ല കവിര കവിരേവ പ്രജാപതി ആനന്ദവർദ്ധൻ പറഞ്ഞിരിക്കുന്നത് സാഹിത്യത്തിൽ പഠിക്കുന്നു വ്യാപാരമായ കാവ്യ സംസാരത്തിൽ പ്രജാപതി ആരാണ് യഥാസ്മയ യോജന വിഷയം തഥേതും പരിവർത്തത ഉപാരമായി കാവ്യ സംസാരം എന്ന് പറഞ്ഞെന്താണോ ഈ ചിന്താമണ്ഡലം ദർശനമായ കവിതകളായാലും ശരി അനർഷി കവി എന്നാണ് അനർഷി കവി ഋഷിയല്ലാത്ത കവിയല്ല കവിയല്ലാത്ത ഋഷിയല്ല രണ്ടോ മും ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഋഷിമാരൊക്കെ നോക്കുക ഇത്ര മനോഹരമായ കവിതകളാണ് അവർ എഴുതിയിരിക്കുന്നത് കവികളെ നോക്കുക അവരുടെ കവിതകൾ എത്രയാണ് ഏത് കവികളായാലും ഇത് പരിസരം പൊരുത്തപ്പെട്ടിരിക്കുന്നതാണ് വ്യാഷജ്ഞാനവും കവിത്വവും എന്ന് പറയും അവര് ഭാവനയുണ്ട് തത്വചിന്തയുണ്ട് ഇതേം പറയുന്നത് എന്താണോ കർക്കശമായ തർക്കമുണ്ട് ഇതിലെല്ലാം ഇവിടെ രൂപപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന ആശയങ്ങൾ എന്ന് പറയും അതായത് ഇത് ഒരു ഒരു ഭാഗത്തൂടെ മാത്രം അത് ലീനിയർ അല്ല രൂപപ്പെടുന്ന എല്ലാം എന്താണ് ഈ കവിത്വം കവി സർവഭൗമ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കവി രേവ പ്രജാപതി എന്റെ എല്ലാം സൃഷ്ടിക്കടുന്ന ഒരാളാണ് ഈ കവികളാണ് ശശിമാരാണ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് കവികളാണ് അത് മാത്രമല്ല യഥാസ്മി രോജതയെ അയാളുടെ രുചി താല്പര്യം എപ്പോഴും പറയുന്ന കാര്യമാണ് ഓരോരുത്തരെയും താല്പര്യമാണ് രാമാനുചാര്യ രുചി വേറെയാണ് ശങ്കരാചാര്യത്തിന്റെ രുചി വേറെയാണ് മധുവിന്റെ രുചി വേറെയാണ് അഭിനവപുക്തന്റെ രുചി വേറെയാണ് ഇവരുടെയൊക്കെ രുചിക്കനുസരിച്ച് ആ രുചി കൊണ്ടാണ് ഈ ഇവിടെ രുചിയുടെ വ്യത്യാസം കൊണ്ടാണ് എന്തോന്നത് ഈ വിജ്ഞാനം വിശേഷങ്ങളെല്ലാം വളരെ ഇവരുടെ ഈ വിജ്ഞാന വൈഭവത്തിന്റെ അടിസ്ഥാനം അവരുടെ രുചി പേര് ആനന്ദവർദ്ധൻ പറയുന്നത് ഭാരതങ്ങളുടെ ഏറ്റവും വലിയൊരു കവി നിരൂപകനാണ് ആനന്ദവർദ്ധൻ ധുന്യാലോകം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് വിടെ അദ്ദേഹം പറയുന്നതാണ് വളരെ സത്യമാണ് ഇവരെല്ലാം ഒന്നാം തരം കവികളാണ് ആര് ഈ പറയുന്ന ദാർശനികന്മാരെല്ലാവർ നമ്മുടെ ഈ പറയുന്ന ദാർശനികന്മാരെ പറയുന്ന ഇവരുടെ ഒന്നാംതരം കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ കവിത്വം ഇല്ലാതെ കവിത എഴുതാൻ പറ്റും എഴുതാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവരുടെ ചിന്ത അവരുടെ കവിത്വം അവരുടെ രുചി അതനുസരിച്ചിട്ടാണ് എന്ന് വരുന്നത് ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്നത് കവിത്വം ഇല്ലാതെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റും സ്വാഭാവിക തേജപ്രഭൃതി അസംഖ്യ കല്യാണം ഉണ്ടോദ്ധതി എന്ന് പറയുന്ന ഒരു കവിക്ക് എഴുതാൻ പറ്റും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുതി നോക്കി അറിയാമല്ലോ ഏ എങ്ങനെയായിരിക്കുമോ കവിത്വം ഉണ്ടെങ്കിൽ പറ്റും നമ്മളിൽ നിന്നും വായിക്കാൻ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ കവികളാണെന്ന് ധരിച്ചുള്ളത് അത് വേറെ കാര്യം നമ്മൾ ഇടപെടണം എന്നാലേ ആൾക്കാർ വായിക്കും എഴുതി വെച്ചാരെങ്കിലും വായിക്കും നിരന്തരം ഇടപെട്ടുകൊണ്ടേ വായിക്കടാ വായിക്കട വായിക്കട അറിയല്ലേ കരിച്ചോട് ഞാൻ പറയുന്നില്ല ഇടപെട്ടവനെ ആൾക്കാർ വായിക്കും വായിക്കുന്നല്ല ആൾക്കാര് വാങ്ങിക്കത്തുന്നു വായിക്കുന്നൊക്കെയുള്ള കാര്യ ദൈവത്തിനറിയാം ഇതൊക്കെ നമ്മളിന്നും വായിക്കുന്നു അതുകൊണ്ട് കവിത്വമുണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് രുചി എന്ന് പറയുന്നത് അത് കേവലം എന്താണോ ഭാവന മാത്ര യും വരുന്നു ചിന്തയും വരുന്നു അതാണ് യും കവിപ്രപഞ്ചം എന്ത് അവരുടെ രുചിക്കനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മളിന്നിരുന്ന് കുത്തിയിരുന്ന് കാണാൻ പറ്റുന്നു എന്താണ് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ അവരുടെ പ്രപഞ്ചം അവർ സൃഷ്ടിക്കുന്ന പ്രപഞ്ചം ഏറെ വേറെ ആയതുകൊണ്ടാണ് അങ്ങനെയാണ് എന്ത് സംഭവിച്ചത് ദ്വൈതവും അദ്വൈതവും ഇഷ്ടം ഞാൻ ഒരു പാട്ടുകൂടെ പാടിയത് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അത്ര വിലയില്ല ആരെങ്കിലും പാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബഹുമാനം തോന്നുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് പാട്ട് കൂടെ പാടുന്നത് ഇതാണ് ഇതിന്റെ സാരം എവിടെയൊക്കെ പക്ഷെ അവർ നമ്മളെപ്പോലെയല്ല അവരെന്താണ് ക്രാന്തദർശികളാണ് സൂക്ഷ്മദർശികളാണ് സൂക്ഷ്മദർശികം തത്വദർശികം ക്രമ ധാതുവിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല പക്ഷെ ക്രാന്ത ദർശി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുദ്ദേശിക്കുന്നത് അവരുടെ ആ അത് സൂക്ഷ്മതയെ കാണുന്നു സൂക്ഷ്മമായി നമ്മൾ കാണാത്തത് കാണുന്നു ഒരു പൂവ് വിരിഞ്ഞുകഴിഞ്ഞാല് നമ്മൾക്ക് കണ്ടിട്ട് തോന്നും ചിലപ്പം അതിനെ ഒന്ന് പറിച്ചു മണപ്പിക്കാൻ പോകും കവിയാണ് കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുതിപ്പോകും പദ്യങ്ങൾ നമുക്കത് കിട്ടത്തില്ല അതാണ് ക്രാന്തദൃശ്യത്വ അതിനകത്ത് കവിതയുടെ ലാവണിയും തത്വചിന്തയുടെ ഗഹനതയും എല്ലാവരും കൊണ്ടുവരും അതാണ് ക്രാന്തദൃശ്യത്വം നമ്മൾ കാണാത്തതൊക്കെ കാണുക ഭാവന എന്ന് പറയണം ശരിയാണ് ഭാവനാത്മകമാണ് അപ്പൊ ആ ഭാവനയിൽ നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ വിശദീകരിക്കുന്നത് ആ ഭാവനയില്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല അത് വിശദീകരിക്കുന്നിടത്ത് എന്താണ് ഭാവന വേണം ഇതിനെ മനസ്സിലാക്കുന്നിടത്തും ആ ഭാവന വേണം അവിടെ ഭാവനയ്ക്ക് ഒപ്പം എത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് എന്നോട് ചില ചോദിക്കുന്നു അദ്വൈതം ഇത്രയൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ വിശിഷ്ടം അതെന്തിനാണ് എന്ന് പറയുന്നത് അത് പിന്നെ അതിന്റെ ആവശ്യം തോന്നുന്നു അദ്വൈതം എന്ന് പറയുന്നത് സൃഷ്ടിച്ച ആൾമാരാണ് ഒരു കവിയാണ് ക്രാന്തദർശിയാണ് വിശിഷ്ടാദ്വൈതത്തിന്റെ ആള്മാരാണ് ക്രാന്തദർശിയാണ് രണ്ടും ും ക്രാന്ത ദൃശികളാണെങ്കിൽ എന്താണ് നമുക്കിതൊക്കെ മനസ്സിലാക്കുന്നതിന് ആസ്വദിക്കുന്നതിനൊരു അല്പൊരു കവിത്വം ഉണ്ടെങ്കിൽ നമുക്കും പറ്റും പിന്നെങ്കി രണ്ടും നടക്കത്തില്ല രണ്ടും അതിന് നമുക്കത് കഴിയാകും അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിനും എന്ത് വേണം ഒരു ലേസം കവിത്വം വേണം പിന്നെ ഇത് മനസ്സിലാകത്തില്ല കേൾക്കാ അതുകൊണ്ടിതെല്ലാം അവര് നമ്മുടെ രുചിഭേദമനുസരിച്ചിട്ടാണ് രുചിഭേദമനുസരിച്ച് അതാന്ന് പറഞ്ഞത് തഥഹിതം പരിവർത്തതേ അസ്മി ഊച്ചത്തെ എങ്ങനെയാണോ അവരുടെ രുചി അതനുസരിച്ച് ഹിതം മാറിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടെല്ലാ ദർശനവും കൂടെ വരും അത് മനസ്സിലാക്കുന്നതിന് ദോഷം മൊത്തം ഈ കവിപ്രപഞ്ചത്തിൻ്റെ സാരം എന്ന് പറയുന്നത് രസം ആനന്ദമാണത് നിങ്ങളേത് പാരസും നിങ്ങൾക്ക് അദ്വൈകം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു രസം നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദ സഹോദരമായ ഒരസമാനന്ദം എന്നാണ് അപ്പൊ അത് ഏതിൽ നിന്നും കിട്ടും ഏത് ഇഷ്ടാദ്വൈതമായതിനു ശരി അദ്വൈതമായതിനു ഇതെല്ലാം ഒരുപോലെ തന്നെ അസത്യമായിരിക്കും ഒരാൾക്ക് ഇതന്നതാണെന്ന് മനസ്സിലാക്കി അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്റെ ചുരുണ്ടൂടി ഒന്നിനകത്ത് കിടക്കും അത്രേയുള്ളൂ അംഗീകരണ ദല്യമാണ് ഏറ്റവും വലിയ ആനന്ദം എന്ന് കവികൾ വാഴ്ത്തിപ്പാടുകയാണ് ബ്രഹ്മാനന്ദത്തിൽ അപ്പൊ ഈ ബ്രഹ്മാനന്ദം എവിടെയാണോ അവർ അതേ സ്ഥാനത്ത് അവർ ഭവിച്ചിരിക്കുന്ന എല്ലാ ആനന്ദങ്ങളും ദ്വൈത ആനന്ദമായാലും ശരി ഇഷ്ടാദ്വൈത ആനന്ദമായ ശരി അദ്വൈത ആനന്ദമായ ശരി അല്ല ഒരുപോലെ തന്ന പറ അതുകൊണ്ടിവിടെ തന്റെ എന്താണ് ഓണാന്തര കവിത്വത്തെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഇതൊക്കെ വിശദീകരിക്കുന്നത് സ്വാഭാവികം അവിടെ പറയുകയും അനന്യാധീനം മറ്റൊന്നിനും അധീനമാകാതെ രീതിയാവ സ്വാഭാവികമാണ് അത് എന്താണ് ശ്രീമന് നാരായണന്റെ സ്വരൂപത്തെ കുറിച്ച് പറയാം പറയുന്നു മുക്ത നിത്യോരവിഹിതാദൃശം ജ്ഞാനാധികം തത് അനുഗുണ പരമാത്മസങ്കല്പാധീന ഈ പറയുന്ന ഞാൻ ഐശ്വര്യം മുക്തന്മാരിലും നിത്യന്മാരിലുമുണ്ട് നിത്യസൂരികൾ അവിടെ കഴിയുന്നവർ ആ വൈകുണ്ടിയവര് നിത്യസൂരികൾ അവര് ഒരിക്കലും ബന്ധനത്തിൽപ്പെട്ടിട്ടില്ല പിന്നെ ഇവിടുന്ന് പോയി മുക്തരാകുന്നവര് അവരിലുമെല്ലാം ഇതെല്ലാം ഈ പറയുന്ന എന്താണ് ജ്ഞാനകരഐശ്വര്യവീര്യ ശക്തികളെല്ലാം അവർക്കുണ്ടെങ്കിലും അതെല്ലാം എന്താണ് പരമാത്മ സങ്കല്പാധീനം അതെല്ലാം ശ്രീമന് നാരായണ സങ്കല്പത്തിന് അധീനമാണ് അവിടെയെല്ലാം എന്താണ് ശേഷശേഷി ഭാഗം അവിടെ ഒരുപാട് ചർച്ച ചെയ്യുന്ന നാരായണ എന്ന് പറയുന്നത് അവിടെ ശേഷിയാണ് ബാക്കിയുള്ളവരെല്ലാം എന്താണ് ശേഷം എന്ന് അടിമകളാണ് അടിമ എന്നുള്ള സ്ഥാനമേ അവർ കൽപ്പിച്ചിട്ടുള്ളൂ അവിടെ അവിടെയൊക്കെ തന്നെയാണ് വളരെ ശരി ഏറ്റവും ഉയർന്ന സ്ഥലത്ത് തന്നെയാണ് എന്നിച്ച് അവരുടെ ദാസന്മാരെ നടത്തുക അടിമ എന്ന് പറഞ്ഞാൽ മോശം ചിന്ത വരും എന്നേണ്ട ദാസഭാവത്തിലാണ് എല്ലാവരും സ്വാഭാവികം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സ്വാഭാവികമല്ല അനവധികം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്കൃഷ്ട നമ്മുടെ തീർക്കത്തിലൊക്കെ പറയുന്ന പോലെ പരമ മഹത്വം അതിനപ്പുറം ഒരു മഹത്വമില്ല അതാണ് അനവധികം അതെന്താണ് അതിനപ്പുറം ഒരു അതിരി വരയ്ക്കാൻ ആ അതുപോലെ അതുപോലെയാണ് സ്വാഭാവികമായ ഈ പറയുന്ന ഗുണങ്ങളുടെ വിശേഷിച്ച് വേണതല്ല ഈ ഗുണങ്ങളെല്ലാം എന്താണ് സ്വാഭാവികമാണ് ീശ്വരന് അതിന് അതിലില്ല പരാസ്യശക്തർ വിവിധയും സ്വാഭാവികയും ജ്ഞാനപേദക്രിയോടെ പ്രമാണം കൂടുതലാണ് സാമാന്യം എന്ത് പറഞ്ഞാലും ശരി ഒരു പ്രമാണം കൊടുക്കും എന്ത് യുക്തി പറഞ്ഞാലും ശരി പ്രമാണം കൊടുക്കും ഭാഷകാരന അഭ്യാഷകാരനെ പറഞ്ഞത് ഭാഷകാരൻ എന്തു ചെയ്യും വലിയ വല്യ വ്യക്തികളക് കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ദൃഷ്ടാന്തം കാണിക്കും ജഗൽ സർപ്പവ് എന്നു കാല പ്രമാണമൊന്നുമില്ല ശ്രുതിയിലൊന്നും പറഞ്ഞിട്ടില്ല എന്താണിത് മിഥ്യയാണെന്ന് അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റുമോ ദൃഷ്ടാന്തം അതിനകത്ത് തവരാറുള്ളൂ എന്താണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എപ്പോഴും കറക്റ്റായിരിക്കും ഋജി സർപ്പം ഭ്രാന്തി അളികളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം നമ്മുടെ അനുഭവത്തിൽ നമ്മളതിനെ ഒരുപാട് കീഴിൽ കുറിച്ച് പരിശോധിച്ചിട്ടൊന്നുമല്ലോ നമ്മുടെ അനുഭവത്തിൽ എന്താണ് ഋജി സർപ്പം ഭ്രാന്തിയാണ് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ തലയ്ക്കക അടിച്ചു ചേട്ടൻ എന്താണ് ഭ്രാന്തി എന്ന് പറയുന്ന ഒരാശയം ഇതങ്ങ് തലയിൽ ഉറയ്ക്കും ഇത് ഉറച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും ഇത് ഭ്രാന്തി ആയതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഒരു ധാരണയിൽ നമ്മളെ കൊണ്ടെത്തിക്കും വാസ്തവത്തിൽ ഇത് ഭ്രാന്തിയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് ലോകം പോലും ഭ്രാന്തിയാണ് പക്ഷെ നമ്മളെ കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കും അങ്ങനെ എന്താണ് ഇത് ഭ്രാന്തി ആയതുകൊണ്ട് ലോകം പിന്നെ പിന്നെ എല്ലാം ഭ്രാന്തിയും ഭ്രാന്തിയും പറയുന്ന ഒരു ഭ്രാന്തനായി നടക്കും ഇതാണ് അത് വാസ്തവത്തിൽ ഈ പറഞ്ഞ ശരിയാണ് ഈ രജിസർഗം ഭ്രാന്തിയാവും സംസാരിക്കും അതുകൊണ്ടല്ല അതുകൊണ്ട് ലോകം ഭ്രാന്തി ഭ്രാന്തമാകുന്നു ലോകം ഒരു ഭ്രാന്തിയാകുന്നു അങ്ങനെയും നമ്മൾ ചിന്തിക്കത്തില്ല ഇതുപോലെ ഭ്രാന്തി എന്ന് പറയുമ്പോൾ ഇത് പ്രാന്തി ആയാലും അത് ഭ്രാന്തി എന്നൊക്കെ ധരിക്കും ഇതാണ് യുക്തി വിചാരത്തിൽ നമ്മളെ കൊണ്ടെത്തിയിരുന്നത് ദൃഷ്ടാന്തത്തിലൂടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നു ശരിക്കൊരു പ്രമാണത്തെ തേടിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്രമാണവും ശരിയാണല്ലോ പരമ പ്രമാണം ഒരിടത്തും ഇല്ല ഇത് ഭ്രാന്തി എന്ന് പറയുന്നു ഒരു വാക്ക് ഇനി മിത്യെന്ന് പറയുന്നു ഒരു വാക്ക് ഒരിടത്തും ഇല്ല പക്ഷെ എന്നാലും അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബുദ്ധി കസരത്ത് മുഴുവൻ നടത്തുന്നത് ഈ ഒരു ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ജഗത്ത് ഭ്രാന്ത ഭ്രാന്തിയാണെന്ന് പറയുന്നു ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പം നമുക്കെന്ന് തോന്നും ഒരു കള്ളനല്ലാത്ത ഒരു തന്നെ നിരന്തരം കള്ളൻ കള്ളൻ കള്ളൻ നമ്മളെ ആരെങ്കിലും പറഞ്ഞു ഒറ്റ അവർ തോന്നും ഹൃദയ കള്ളനെന്ന് പറയും എന്തെങ്കിലും കള്ളനായിരിക്കും ആദ്യം അങ്ങനെ തോന്നും കള്ളനായിരിക്കും അവസാന ഓർക്കും കള്ളൻ തന്നെ അതുപോലെ തന്നെയാണ് പറയുന്നത് ഇത് നിരന്തരം വിചാരം ചെയ്യാൻ പറയണം എന്താണ് രഞ്ജിസർപ്പ രഞ്ജി സർപ്പ രജിസപ്പ അത് നമുക്ക് ഇത് രഞ്ജർപ്പം പോലെ ആണോ അവസാനം പറയും എന്തായാലും കോട്ടയത്തി സെർപ്പം പോലെ തന്നെ ആ പ്രണി രാമാനുജാ അത് യുക്തി പറയുന്നിടത്ത് എന്തു ചെയ്യും അവിടെ പ്രമാണത്തിന് നന്ദി അപ്പൊ ഈ ഭ്രാന്തി പറയുകയാകും ഭ്രാന്തിക്കല്ലേ പ്രമാണമില്ലാതെ ഉള്ളൂ സത്യം എന്നുള്ള എത്രയോ പ്രമാണോ ധാരാളമുണ്ട് പരാസ്യ ശക്തം വിദേശ സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള ജ്ഞാനബലക്രിയകൾ എന്നാണ് അനന്യാധീനമായ സ്വാധീനമായ ആ ശക്തികളൊക്കെ ഈശ്വരനും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെയാണ് വിദ്യാഭ്യാസം അപ്പോൾ പരത്തും സ്വാഭാവികത്വം എന്താണ് ശ്രുതി പറയുന്നത് ആ പരത്വ സ്വാഭാവികത്വത്തെ പ്രതിഗുണം അന്യഗ്രഹപ്പെടുത്തിയ ഓരോ ഗുണത്തോട് തന്നെ ചേർക്കണം എങ്ങനെ ജ്ഞാനം പരത്വവും സ്വാഭാവികവുമാണ് ബലം പരവും സ്വാഭാവികവുമാണ് ഐശ്വര്യം സ്വാഭാവികവും വെച്ചാൽ ഈശ്വരൻ എന്ന് പറയുന്ന എന്താണ് ഒരു സങ്കല്പം എന്ന് ഒരു ശൂന്യാണ് ഈശ്വരൻ എന്ന് പറയുക എന്നാൽ മനസ്സിലൊരു ധാരണ ഇല്ലാതിരിക്കുക അത് ശരിയാകത്തില്ല തീരെ മുടന്മാർക്ക് പറ്റും ദൈവമേ എന്ന് വിളിക്കുക എന്നാൽ ദൈവം എന്താണോ മനസ്സിലാക്കി ധാരണ ഇല്ലാതി രാമാനുചാരി അല്ല ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം മുഴച്ചു നീക്കണം മനസ്സിൽ നല്ല വ്യക്തമായ ഗ്രഥമായി ഇത് ഇത്രയൊക്കെ ഉള്ള ഒരാളെ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ ദൈവം എന്ന് പറയാം അവന് വേണ്ടുന്നതെല്ലാം സ്വരുകൂട്ടിയെടുക്കുകയാണ് ഇവിടെ ആണ് ഒരാളുടെ മനസ്സിന് ശരിയായ ദൈവസങ്കല്പങ്ങൾ ചിലരുടെ ദൈവസങ്കല്പുണ്ട് അവർ പറയും ദൈവം അരൂപിയാണ് രൂപമൊന്നുമില്ല നല്ല കാര്യം ദൈവത്തിൻ്റെ രൂപം പക്ഷെ ദൈവത്തിന് ഇരിക്കാൻ കസേര വേണം ദൈവത്തിൻ്റെ രൂപം അല്ലെങ്കിൽ കസേര ചില മതങ്ങളിൽ പറയുന്നതാണ് അത്തരം അബദ്ധം ഒന്നും രാമാനുചാര്യർ കിട്ടില്ല രാമാനുചാര്യം പറയുന്നത് ദൈവത്തിന് ഇരിക്കാൻ കസേര വേണം എന്തുകൊണ്ട് ദൈവത്തിന് രൂപം ഉണ്ട് രൂപ ശരീരമുണ്ട് രൂപം എന്ന് വെച്ചാൽ ശരീരം ഉണ്ടെങ്കിൽ പിന്നെ കസേര വേണ്ട ഇരിക്കണമെന്ന് വിചാരിച്ച പിന്നെ എവിടെയിരിക്കും ഇത്രയിരിക്കും അപ്പോ ശരീരം ഉണ്ടെങ്കിൽ കസേര അപ്പോ എന്ന് പറയുന്നതിന് മനുഷ്യന്റെ ബുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതാണ് വിശദീകരണങ്ങൾ വെറുതെ പറയുന്നത് ഇനി ഇതിനപ്പുറം പോയി ദൈവത്തെ സങ്കല്പിക്കാൻ പറ്റും പറ്റത്തില്ല സങ്കല്പിച്ച് എന്തായിപ്പോകും ഞാരെങ്കിലും സങ്കല്പിച്ചു ഇരിക്കട്ടെ ശങ്കരായ നിർഗുണത്തിൽ ചെന്ന് നിർഗുണത്തിൽ ചെന്ന് എന്ന് എന്താ സംഭവിക്കുന്നത് ഒരെത്തും ഈ നിർഗുണവായിട്ട് ആർക്കീ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ധാരണയുണ്ട് ആർക്കുണ്ട് ഇത്രയും പത്തിരുപത് വർഷം നമ്മൾ ദൈവം ദൈവം എന്തെങ്കിലും ഒരു ധാരണയുണ്ട് ഇപ്പോഴല്ലേ ഒരു തലക്കെ വെളിച്ചം ആണോ അല്ലേ ഒരു മൂന്ന് നാല് ക്ലാസ് കഴിയുമ്പോഴെന്താണ് ദൈവം അതാണ് എന്റെ ഗുണം ആത്മീയഭ്രാന്തി എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ് ആത്മീയഭ്രാന്തികൾ അതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ ആത്മീയഭ്രാന്തി ഒരാള് എല്ലാ വർഷത്തിലും പൂർണമായും ആത്മീയ ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ ഒത്തിരി പേര് പരിയപ്പെട്ടതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും പൂർണ്ണമായും എല്ലാ രീതിയിലും വേഷഭൂഷാദികളെ കൊണ്ടും എല്ലാ രീതിയിലും ഒരാത്മീയ ജീവിതം നയിക്കുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ശാന്തി സമാധാനവും ഉള്ളിലില്ല അതാണ് ആത്മീയഭ്രാന്തി നിങ്ങൾക്ക് ആത്മീയ ജീവനം നയിക്കുകയാണ് അതുകൊണ്ട് ഉള്ളിലൊരു ശാന്തി സമാധാനമൊക്കെ അതുകൊണ്ട് വേറെ എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ആത്മീയഭ്രാന്തി എന്നുവെച്ചാൽ ആത്മീയരങ്ങനെ ഓരോരുത്തർക്ക് സ്വകാര്യം കിട്ടും അസ്വസ്ഥനാത്മീയം റക്കമില്ല പല പല പ്രശ്നങ്ങൾ വിശപ്പില്ല ദാഹം തപസ് എന്നിട്ട് അതാണ് ആത്മീയ ഭ്രാന്തി ശാന്തി ആത്മീയ ജീവിതത്തിൽ ശാന്തി സമാധാനമില്ല അനവധികത്വം അത്ര ഉത്കൃഷ്ടവധി രാഹിക്കുക എന്ന് പറഞ്ഞു അസംഖ്യ സിദ്ധേന മഹോധി അസംഖ്യയ മഹോധരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാം ഇവിടെ ഈ പറയുന്ന കരത്വ സ്വാഭാവികത്വമെല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയുകയാണ് യഥാരത്നീ ജലധേ അസംഖ്യേയാനി പുത്ര അസംഖ്യയ മഹാത്മന അവരെല്ലാം ഇത് പറയുന്നത് ഒരു പ്രമാണത്തെ ആശ്രയിച്ചിട്ട് പറയുന്നു കേവലം ഭാവനയല്ല ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത് തങ്ങളുടെ ഭാവനയാണ് ഇതിനൊക്കെ വിശദീകരിക്കുന്നവർക്ക് അവരുടെ ഭാവനയുണ്ട് പക്ഷേ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചരാത്രം തുടങ്ങിയ പ്രമാണങ്ങളാണ് സമുദ്രത്തിലെങ്ങനെയാണോ അസംഖ്യ രത്നങ്ങളുള്ളത് അങ്ങനെയാണെങ്കിൽ സങ്കല്പം ഉണ്ടല്ലോ സമുദ്രത്തിൽ ഉണ്ടല്ലോ രത്നങ്ങൾ മുത്തുകൾ അവിടെയുണ്ട് അതുപോലെയാണ് അനന്തസ്യ അസംഖ്യയുണ പരമാത്മാവിന്റെ അസംഖ്യമായ ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് കല്യാണം എന്ന് പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ അവിടെ ഒരു പ്രത്യേക കാര്യം പറയും ഗുണനിഷേധ വചനാനം ഹേ ഗുണനിഷേത്വം സൃഗാഗുവാദന്യായ സത്വം കല്യാണ ഗുണങ്ങൾ മംഗളം മംഗളമയങ്ങളായ ഗുണങ്ങളെന്നോ മംഗളകരങ്ങളായ ഗുണങ്ങളെന്നോ മംഗളദായകങ്ങളായ ഗുണങ്ങളെന്നോ മംഗള സ്വരൂപങ്ങളായ ഗുണങ്ങളെന്നോ ഇങ്ങനെയാണോ ഈ ഗുണങ്ങൾ കുറിച്ച് പറയുമ്പോൾ ചങ്കരാചാരത്തെ പറ്റി അബദ്ധം പറ്റും എന്താണ് പ്രമാണമുണ്ട് നിർഗുണം ഇപ്പൊ ഗുണരഹിതരെന്നു പറഞ്ഞില്ലേ നിർഗുണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യർക്കും പറ്റും അതെല്ലാം ദുർഗുണങ്ങളാണ് ആ ഗുണങ്ങൾ ആ ദുർഗുണങ്ങളെ നിഷേധിക്കുന്നിടത്താണ് നിർഗുണമെന്ന് പറയുന്നത് കാരണം അതേ ശ്രദ്ധിയല്ല എന്താണ് മറ്റു ഗുണങ്ങളെ പറയുന്നുണ്ട് സത്യസങ്ക ഇതെല്ലാം പറയുന്നുണ്ടല്ലോ അതാണ് ഇതിനെയൊക്കെ യോജിപ്പിക്കുന്ന ശ്രുതികളെ കൂടെ നോക്കണം ഘടക ശ്രുതികൾ എന്ന് പറയുന്നതാണ് ഭേദത്തെ കുറിച്ച് പറയും അഭേദത്തെ കുറിച്ച് പറയും ഇതിനെയൊക്കെ യോജിപ്പിക്കുന്ന ശ്രുതികളെയും നോക്കും അവിടെ രാമാനുജാചാര്യര് സ്വീകരിച്ചിരിക്കുന്നത് ഒരു സമന്വയ ദൃഷ്ടിയാണ് ഒരു നിഷേധാത്മകമായ കാഴ്ചപ്പാടില്ല അദ്വീതികൾ പറയുന്നു നിഷേധം വരുന്നില്ല എന്തുകൊണ്ട് നിഷേധം വരുന്നില്ല കാരണം നിഷേധം ശ്രുതിയിലുണ്ട് നിർഗുണ ഗുണരഹിത പക്ഷെ ഘടകശ്രുതി ഉണ്ടെന്നാണ് അതിനെല്ലാം യോജിപ്പിക്കുന്നു അതിന് നമ്മള് േ അങ്ങനെ വരുമ്പോ ഇവിടെ എന്താ നിഷേധിക്കാവുന്നത് നിഷേധിക്കാവുന്ന ഇതോ ഈ പറയുന്ന ഒരുപാട് ഇവിടെ ഗുണങ്ങൾ കാണുന്നുണ്ട് മനുഷ്യരിൽ ദുർഗുണങ്ങളുണ്ട് അതൊന്നും ഈശ്വരനില്ല എന്ന് മനസ്സിലാകില്ല മനുഷ്യല്ലാതെ ഉണ്ടല്ലോ ഈശ്വരന്റെ സ്വരൂപത്തിലതൊന്നുമില്ല ഈശ്വരന്റെ ഗുണങ്ങളിലും ഇല്ല പക്ഷെ ജീവന്മാരിലുണ്ട് അത് കല്യാണം എന്നുള്ള ശബ്ദം കൊണ്ട് അത് മനസ്സിലാക്കണം ഹേയഗുണ വിഷയം നിഷേധിക്കേണ്ടതാ എന്നുള്ളതുകൊണ്ട് അതിനെ പറയുന്നു എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് സ്വാഭാവിക അനവധിക അതിശയം ജ്ഞാന ജല ഐശ്വര്യ വീര്യ ശക്തി തീര്യ പ്രകൃതി അസംഖ്യ കല്യാണ ഗുണഗണം ഗുണാനാം ഗുണം ഗുണസമൂഹം അതിൻ്റെ മഹോദ്ധതി ാണ് നേരത്തെ പറഞ്ഞു മഹോദതി ശബ്ദം ഇവിടെ എല്ലാ വാക്കുകളും വ്യാഖ്യാനിച്ച് ഒരു വാക്ക് വ്യാഖ്യാനിച്ച വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്താണ് അത് തുടക്കത്തിൽ പറഞ്ഞു ം ഞാൻ ഗുണഗണാപേക്ഷ തേജസ് പറഞ്ഞിട്ടോ കൊള്ളാം അവിടെ അല്ലേ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണത്തിന് അവിടെ പറഞ്ഞു അതാണ് നിങ്ങളോട് പറഞ്ഞു ആ ആ ഒരു വാക്കാ പറയില്ല പക്ഷെ അടുത്തേത് വരുന്നുണ്ട് നിരതിശയം ഉത്കൃഷ്ടര ഹിക്യം അതിനകത്ത് അപ്പുറമൊന്നുമില്ല അതിശയം ഏറ്റവും ഉത്തമമായ എന്നുള്ള ഒരർത്ഥത്തിൽ അപ്പോ ആദ്യം പറഞ്ഞത് എന്താണ് ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ച് അടുത്തു പറയുന്നത് എന്താണ് ുണങ്ങളെക്കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത് ശരീരത്തെ കുറിച്ചാണ് അത് കഴിഞ്ഞ് അടുത്ത് പറയുന്നത് എന്താണ് ആയ അലങ്കാരങ്ങളെ കുറിച്ചാണ് അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ് ദിവ്യ ആയുധങ്ങളെ കുറിച്ചാണ് പറയുന്നത് ലക്ഷ്മിയെ എന്ന് പറഞ്ഞാൽ പഞ്ചരാത്രത്തിൽ എങ്ങനെയാണോ നാരായണനെ വിശദീകരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ രാമായചാര്യർ ഓരോന്ന് വിശദീകരിക്കും സപ്രമാണം അതിനെ നിരഗുണം ചെയ്യും